ഷ്യത്തിന്റെ അവസാന ഭാഗമാണ് ചർച്ച ചെയ്തത് ഇവിടെ ചർച്ച ചെയ്ത വിഷയം വിദ്യാശ്രദ്ധേനും മുഖ്യ പരമാത്മവിദ്യ കസ്മാഗ്രഹിത നമ്മുടെ അതാണ് ഇവിടെ ചോദ്യം എന്ന മന്ത്രത്തിൽ വിദ്യാശബ്ദം കൊണ്ട് ആത്മവിദ്യ എന്നുള്ള അർത്ഥത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല അമൃതത്വം എന്നുള്ളത് കൊണ്ട് മോക്ഷം എന്നുള്ള അർത്ഥത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല സാധാരണ ഉപനിഷത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്കെല്ലാം വരുന്നൊരു സംശയമാണ് അപ്പോ അതിന് സമാനം പറഞ്ഞെന്താണ് അവിടെ വിദ്യ എന്നുള്ളത് കൊണ്ട് ആത്മജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആ കർമ്മമാണ് യസ്ഥേദ ടുത്ത് പറയുന്നത് പരമാത്മവിദ്യായ കർമ്മനശ വിരോധ സമുച്ചയാനുഭൂതി സമുച്ചയത്തെ നിഷേധിക്കാൻ വേണ്ടി പറയണത് സമുച്ചയത്തെ ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല എന്നാ ഒരു പക്ഷെ അതിന് ഭാഗികമായി സംബന്ധിച്ചുകൊണ്ടാണ് അടുത്ത് പറയുന്നത് വിരോധസ്തു നാവഗമ്യത വിരോധ വിരോധയോ ശാസ്ത്രപ്രമാണത്വം പറയുന്നത് ഇവിടെ വിരോധമില്ല ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ടെന്ന് സിദ്ധാന്തി പറയുന്നുണ്ടാണ് പക്ഷെ വിരോധമില്ല എന്നാണ് എന്തുകൊണ്ട് ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ വിരോധവും അവരോധവും ഉണ്ടെങ്കിൽ അത് ശാസ്ത്രം തന്നെ അതിന് പ്രമാണമായിരിക്കണം എന്നാലും ഒന്നിന്റെ വിരോധത്തെയും അവരോധത്തെയും മനസ്സിലാക്കാൻ കഴിയത്തുള്ളു വിരോധവിരോധിയോഗ ശാസ്ത്ര പ്രമാണു വിരോധവും അവരോധവും ശാസ്ത്രക്രമാണകമാണ് ഇവിടെ വിരോധം അംഗീകരിക്കുന്നില്ലെന്നാണ് ജ്ഞാനവും കർമ്മവും തമ്മിൽ സിദ്ധാന്തി പറയുന്നത് പോലെയുള്ള വിരോധം അത് തന്നെ അടുത്ത് പറയുന്നു യഥാ വിദ്യാനുഷ്ഠാനം വിദ്യ ഉപാസന ശാസ്ത്രക്രമാണകം തഥാ തദ്ധ അവരോധോലി വിടെ വിദ്യുഷ്ഠാനം കർമാനുഷ്ഠാനം അതും വിദ്യ ഉപാസന ഉപാസനയും ദേവതോപാസന അതിന് രണ്ടിനും ശാസ്ത്ര പ്രമാണമാണ് അതുകൊണ്ട് തദ്രോധവിരോധം ഈ തമിഴ് വിരോധ അവിരോധങ്ങളുണ്ട് പക്ഷെ വിരോധം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അവിരോധമുണ്ട് അതുകൊണ്ട് ഇതിനെ സംശയിപ്പിക്കുന്നതിന് ദോഷമില്ലെന്നാണ് പൂർവ്വപക്ഷി പറയുന്നത് കർമാനുഷ്ഠാനവും തമ്മിൽ അതെന്താണ് അതിന് യുക്തി പറയുന്നത് മാഹിംസയാൽ സർവാഭൂദാനി വേദത്തിന് നിഷേധിച്ചു ഒരു പ്രാണികളെയും കൊല്ലരുതെന്നാണ് സർവാഭൂദാനി എന്ന് പറഞ്ഞാൽ ഒരു പ്രാണികളെയും കൊല്ലരുതെന്നാണ് നിഷേധിച്ചിട്ടില്ല അപ്പൊ നിഷേധിച്ച കാര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാവും അപ്പൊ ഹിംസപാപമാണ് ഹിംസപാപജനകമാണ് അപ്പോൾ ഹിംസ എന്ന് പറയുന്നത് ഹിംസ നടത്തി കഴിഞ്ഞാൽ അവിടെ വേദത്തിൽ പറയുന്ന ാണികളെ കൊല്ലരുത് എന്നുള്ള ഈ വേദത്തിന്റെ സിദ്ധാന്തമായിട്ട് വിരോധം ഹിംസിച്ചുകഴിഞ്ഞാൽ അതേസമയം അതേ വേദത്തിൽ തന്നെ പറയുന്നുണ്ട് അധ്വരെ വശും ഹിംസിയത് യാഗത്തിൽ മൃഗത്തെ കൊല്ലാം എന്ന് പറയുന്നു യാഗത്തിൽ മാത്രം മൃഗത്തെ കൊല്ലുന്നതിന് അനുവാദവും പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞ വിധിയും രണ്ടാമത് പറഞ്ഞ വിധിയും തമ്മിൽ വിരോധപരും നേരത്തെ പറഞ്ഞത് ശരിക്കും നിഷേധമാണ് കൊല്ലരുത് എന്നുള്ള നിഷേധമാണ് രണ്ടാമത് വരുന്നത് കൊല്ലാൻ പറയുകയാണ് യാഗത്ത് ഇത് രണ്ടും തമ്മിൽ വിരോധം വരുമോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരെന്താണ് പറയുന്നത് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വിധിച്ചിരിക്കുകയാണ് മൃഗത്തെ കൊല്ലാണ് വിധി അനുഷ്ഠിക്കുന്നത് കൊണ്ട് പാപം ഉണ്ടാകത്തില്ല ആ സമയം നിഷേധിച്ച കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാകും ഹിംസിക്കരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാപം ഉണ്ടാവും അതുകൊണ്ട് ഹിംസ പാപമാണ് പക്ഷെ ഇവിടെ ഹിംസയത്തിന് വിധിച്ചിരിക്കുന്നു ഹിംസയെ വിധിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഹിംസ പാപജനകമല്ല പാപത്തെ ഉണ്ടാക്കുന്നതല്ല കുറച്ച് പാപ അജനകമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടിവിടെ രണ്ടും തമ്മിൽ വിരോധമില്ല മാഹിംസർവാഭൂദാനി എന്ന് പറഞ്ഞ് ഹിംസയെ നിഷേധിച്ചതും ജീവിച്ചിരിക്കുന്ന ഹിംസയും തമ്മിൽ വിരോധമില്ല അവരോധമാണ് എന്തുകൊണ്ടിത് പാവത്തെ ഉണ്ടാക്കുന്നില്ല വിധിയായതുകൊണ്ട് തന്നെ പാപത്തെ ഉണ്ടാക്കുന്നില്ല വിരോധം വരുന്ന ഇവിടെ യാഗത്തിന് വേണ്ടി അല്ലാതെ എവിടെയെങ്കിലും ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിരോധം വരും മാ ഹിംസ സർവഭൂതാനി എന്ന് നിഷേധിച്ച ആ വിരോധം വരും യാഗത്തിന് പുറത്ത് ഹിംസിച്ചാൽ അപ്പം ഹിംസ യാഗത്തിന് വേണ്ടിയാകാം അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടി മാത്രമേ പാടുള്ളൂ എന്നാണ് എൻ്റെ താല്പര്യം അപ്പോൾ പ്രാണികളെ ഹിംസിക്കരുത് എന്ന് പറയുന്നതും ബാഹ്യമായിട്ടുള്ള ഹിംസയും തമ്മിൽ വിരോധമുണ്ട് അതേസമയം പ്രാണികളെ ഹിംസിക്കരുത് യാഗത്തിന് വേണ്ടിയുള്ള ഹിംസ ഇതിലും തമ്മിൽ അവരോധമുണ്ട് ഇവിടെ വിരോധ അവിരോധം കാണാൻ പറ്റും വിരോധ വിരോധത്തിനൊരു ധാരണ കൊടുത്താണ് അങ്ങനെ ഏവം വിദ്യ ഒരു വിശ്വാ ഇതുപോലെ വിദ്യാവിദ്യയ്ക്ക് സംഭവിക്കാം വിദ്യാവിദ്യയെ സംബന്ധിച്ചും കാരണം കർമ്മത്തെ വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കാം ദേവതോപാസനയും വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് അതും അനുഷ്ഠിക്കാം ഇത് രണ്ടും തമ്മില് അവരോധമാണ് വിരോധമില്ല എങ്ങനെയാണോ രണ്ട് ഹിംസകൾക്ക് ആ വിരോധമൊന്നും ഇതിനും അവരോധമേ ഉള്ള വിരോധമില്ല രണ്ടും വിധിച്ചിരിക്കുന്നുണ്ട് വിദ്യ വിദ്യോ രസ്യ ഇക്കാര്യം തന്നെ ഇനി ഒന്നുകൂടി വിശദീകരിക്കും അതുകൊണ്ടെന്താണ് വിദ്യാ കർമ്മണോ സമുച്ഛയ വിദ്യയും ദൈവതോപാസനയും കർമ്മവും സമുച്ഛയിക്കുക ആ ഇവിടെ വിദ്യ എന്ന് പറയുന്നതിന് ജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്താൽ ആ ജ്ഞാനവും കർമ്മവും തമ്മിൽ സംശയിക്കാം ഏവൻ വിദ്യ വിദ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യ എന്നുള്ളത് ജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്തുകൊണ്ട് പൂർവ്വപക്ഷി പറയാണ് ജ്ഞാനവും കർമ്മവും തമ്മിൽ സമുച്ചയിക്കാം കാരണം വിദ്യ എന്ന് പറയുന്നതിന് ജ്ഞാനം എന്നർത്ഥം കൊടുക്കുക ജ്ഞാനവും കർമ്മവും സംശയിക്കാം ദോഷമില്ലാന്ന് വിദ്യ കർമ്മം എന്ന് വെച്ചാൽ സംശയം ജ്ഞാനവും കർമ്മവുമായിട്ട് സമുച്ചയം വരാമെന്നു അതിനു നിഷേധിക്കണം അടുത്ത് സിദ്ധാന്തമാണ് അടുത്ത് പറയുന്നത് ഇതുവരെ പറഞ്ഞ പൂർവക്ഷമാണ് കർമ്മവും ദേവതാ ഉപാസനയും ദൂരം വിപരീത അത്യന്തം വിദ്ധങ്ങളാണ് വിഷൂചി വിഭിന്ന ഫലങ്ങളെ കൊടുക്കുന്നവയാണ് അവിദ്യ യാചവിദ്യ കർമ്മം വിദ്യ ദേവതോപാസന ഈ ഉപാസനയും കർമ്മവും രണ്ടും അത്യന്തം ഭിന്നങ്ങളും ആണ് അതിന് കാരണം പറഞ്ഞ് ഭിന്ന ഫലങ്ങളെ കൊടുക്കുന്നതാണ് ഇതി ശ്രുതി അതുകൊണ്ടെന്താണ് നേരത്തെ സംബന്ധിച്ചത് ഇവിടെ അവരോധം ഉണ്ടെന്നാണ് രണ്ടും വിരിച്ചിരിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് ഇവിടെ സിദ്ധാന്തി പറയുന്ന എന്താണ് ഇവിടെ വിരോധമുണ്ട് രണ്ടും തമ്മിൽ വിരോധം ഉണ്ടെന്നാണ് വിദ്യാം അവിദ്യാംരി വചന അവിരോധ തിരിച്ച് സിദ്ധാന്തി വീണ്ടും പറയുന്നു വിദ്യാംച്ച പൂർവോക്ഷി വീണ്ടും പറയണം വിദ്യാം അവിദ്യാംയൻ സഹ രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ വിരോധം ഇവിടെ വിരോധമില്ല എന്നാണ് അത് രണ്ടിനെയും പ്രത്യേകം എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ വിരോധം വരാം പക്ഷേ ഇവിടെ ശ്രുതി തന്നെ നിർദ്ദേശിച്ചിരിക്കാണ് വിദ്യാമിച്ച രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കുദേവത ഉപാസനയും കർമ്മവും എന്നുള്ള അർത്ഥം കൊടുക്കേണ്ട വിദ്യ എന്ന് പറയുന്നതിന് ജ്ഞാനം എന്നുള്ള അർത്ഥം കൊടുത്താൽ ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ വിരോധമില്ല ഇവിടെ പൂർവ്വപക്ഷി വിദ്യ എന്നുള്ളതിന് ജ്ഞാനം ആത്മജ്ഞാനം എന്നും സിദ്ധാന്തി വിദ്യ എന്നുള്ളതിന് ദൈവതോപാസന എന്നും അടുക്കണം ഈ രണ്ടു അർത്ഥവും വെച്ചുകൊണ്ടാണ് രണ്ടുപേരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അങ്ങനെ വീണ്ടും സിദ്ധാന്തി നിഷേധിക്കുന്നു ശരിയല്ല ഹേതു സ്വരൂപ ഫല വിഭാ ഈ രണ്ടിന്റെയും ആത്മജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും സിദ്ധാന്തി പറയണു ഹേതു സ്വരൂപം ഫലം ോധമുണ്ട് അതുകൊണ്ട് ഇതിനെ ഒരിക്കലും സംശയിച്ചനുഷ്ഠിക്കാൻ സാധ്യമുണ്ട് കർമ്മത്തിന് ഹേതു എന്താണ് അജ്ഞാനം കർത്തൃത്വം തുടങ്ങിയ അധ്യാസം അഹന്ത മമത അങ്ങനെ ഹേതുക്കളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം ഫല ഇതെല്ലാം കർമ്മത്തിന് ഹേതുവാണ് അതിന്റെ സ്വരൂപം എന്താണ് കർത്തൃത്വബോധത്തോടു കൂടിയുള്ള കർമാനുഷ്ഠാനം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ താൻ കർത്താവാണ് എന്നുള്ള ബോധത്തോടു കൂടി അനുഷ്ഠിക്കുന്നു ആ കർമ്മങ്ങളാണ് അതിന്റെ സ്വരൂപം അതിന്റെ ഫലം എന്താണോ അതാത് കർമ്മത്തിന് നിശ്ചയിച്ചിട്ടുള്ള ഫലങ്ങൾ സ്വർഗം പശു സമ്പത്ത് പുത്രൻ ഇതൊക്കെ അതിന്റെ ഫലങ്ങളാണ് ഈ ഫലം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അതിന്റെ ഫലം പൊതുവെ പറഞ്ഞുകഴിഞ്ഞാൽ സംസാരം ആ അനുഭവിക്കാൻ വേണ്ടി പിന്നീട് ജനിക്കേണ്ടി വരുന്നു സംസാരമാണ് അതിന്റെ ഫലം കർമ്മത്തിന്റെ ഫലം കർമ്മത്തിന്റെ ഹേതു സ്വരൂപം ഫലം ഇത് മൂന്നും പ്രത്യേകം ഉള്ളതുപോലെ ജ്ഞാനത്തിനുണ്ട് ജ്ഞാനത്തിന്റെ ഹേതു എന്ന് പറയുന്നത് മുക്ഷത്വം നിത്യാനിത്യവസ്തു വിവേകം അന്ധകരണശുദ്ധി വേദാന്ത ശ്രവണം ഇതൊക്കെ അതിന്റെ ഹേതുക്കളായി അജ്ഞാനത്തിന്റെ ഹേതു ആണ് ഇതന്നെ ഗുരു പ്രസക്തി ഗുരുപ്രാപ്തി ഇതെല്ലാം ജ്ഞാനത്തിന് ഹേതുവാണ് അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് ജീവാത്മ പരമാത്മ ഏകത്വ ബോധം അതാണ് അതിന്റെ സ്വരൂപം അതിന്റെ ഫലമാണെങ്കിലോ മോക്ഷ സർവദുഃഖ നിവൃത്തി ആനന്ദപ്രാപ്തി കർമ്മത്തിന് ഫലം സംസാരം ഇവിടെ സംസാര നിവൃത്തിയാണ് ഫലം കർമ്മത്തിന് ഹേതുവായിരിക്കുന്ന അജ്ഞാനം ഇവിടെ ഹേതുവായിരിക്കുന്നത് നിത്യാനിത്യ വസ്തുവേഗം തുടങ്ങിയ കാര്യങ്ങളാണ് കർമ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്നത് കർത്തൃത്വബോധമാണ് ഇതിന്റെ സ്വരൂപമാണെങ്കിൽ അകർത്തൃത്വബോധമാണ് കർമ്മി ഞാൻ കർത്താവാണ് ഭണം അനുഭവിക്കുന്നവനാണെന്ന് വിചാരിക്കുന്നു ഇവിടെ താൻ അകർത്താവാണ് അഭോക്താവാണെന്ന് വിചാരിക്കുന്നു ഇത് രണ്ടും അത്യന്ത ഭിന്നമാണ് അങ്ങനെ അത്യന്ത ഭിന്നമായിരിക്കുന്ന രണ്ടെണ്ണത്തിനെ സമുച്ചയിക്കാൻ സാധ്യമല്ല ഒരുമിച്ച് അനുഷ്ഠിക്കാൻ ഒപ്പത്തില്ല എന്നറിയാം ഇതാണ് സിദ്ധാന്തി പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും വിദ്യ എന്നുള്ളതിന് ആത്മജ്ഞാനം എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റത്തില്ല ഇവിടെ സമുച്ചയം വിരിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിദ്യ എന്നുള്ള പ്രസിദ്ധമായ അർത്ഥത്തെ എന്തുകൊണ്ടെടുക്കുന്നില്ല അതിന് കാരണം ഇതാണ് ഇവിടെ സമുച്ചയം വിരിച്ചത് രണ്ടെണ്ണം ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറഞ്ഞു അത് സാധ്യമല്ലാത്തത് അപ്പൊ വിദ്യയ്ക്ക് വേറെ അർത്ഥങ്ങളുണ്ട് അതെടുക്കുക എന്നാണ് വിദ്യാ വിദ്യ വികല്പ സംഭവാ വീണ്ടും പൂർവശി വിടുന്നില്ല വീണ്ടും ചോദിക്കുകയാണ് വിദ്യ വിദ്യ വിരോധ വിരോധിയോ എന്നാൽ വിദ്യ അവിദ്യയും തമ്മിൽ വിരോധമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് വിരോധ വിരോധമുണ്ടെന്ന് പറയുന്നു എങ്ങനെയാണ് വിരോധ വിരോധമെന്ന് പറയുന്നത് അതായത് കഠോപുഷത്തിൽ പറഞ്ഞാണ് നേരത്തെ പറഞ്ഞത് ദൂരമീതി വിപരീതി വിഷൂചി അവിദ്യാചി ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രമനുസരിച്ച് വിദ്യയും അവിദ്യയും തമ്മിൽ വിരോധമുണ്ട് സമ്മതിച്ച ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ട് കാരണം ഭിന്ന ഫലമാണ് ഒന്നിന്റെ ഫലം സംസാരം മറ്റൊന്നിന്റെ ഫലം മോക്ഷം ഹേതുസ്വരൂപ ഫലത്തിലെല്ലാം വിരോധത്തെ സമ്മതിക്കാം അതുകൊണ്ടെന്താണ് തമ്മിൽ വിരോധം എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഉപാസനകൾക്കും കർമ്മത്തിന് അവിടെ ജ്ഞാനത്തിനും കർമ്മത്തിന് അവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിനും കർമ്മത്തിനും വിരോധമുണ്ട് സമ്മതിക്കാം ഉപാസനയ്ക്കും കർമ്മത്തിനും വിരോധമുണ്ടെന്നുള്ള കാര്യത്തിനർത്ഥമില്ല ജ്ഞാനത്തിനും കർമ്മത്തിനും വിരോധമുണ്ട് പക്ഷേ ഇവിടെ വിദ്യാസാവിദ്യംസം വ്യസ്തദ്വേദ ഉഭയംസൊ ഒരുമിച്ചനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ പറയുന്ന ജ്ഞാനത്തിനും കർമ്മത്തിനും വിരോധമില്ല അവരോധമുണ്ട് അതുകൊണ്ട് എന്താണ് വിരോധം ഇവിടെ വാചസ്നേഹി ബ്രാഹ്മണത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനകർമ്മങ്ങൾക്ക് ഇവിടെ വിരോധമില്ലാന്ന് വെച്ചാൽ അവരോധമാണ് കഠോവൻഷത്തിൽ വിരോധവും പറഞ്ഞിരിക്കുന്നു അവിടെ വിരോധം ഉണ്ട് അങ്ങനെ വിരോധവും അവരോധവും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിരുദ്ധമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ വികല്പമാണ് രണ്ടിലേതുമാകാറു അത് മീമാംസകരുടെ ഒരു നിയമമാണ് എവിടെയാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ താല്പര്യം രണ്ടു ആകാവുന്നതാണ് രണ്ടിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ വേദം അപ്രമാണമായിപ്പോദാഹരണം പറയുന്നുണ്ട് ഉതി ജേതുഭൂതി ഒരു ഭാഗത്ത് പറയുന്നു വേറെടുത്ത ഭാഗത്ത് പറയുന്നു അനുതി ജേജ് ഭൂതി അതായത് ഹവനം ഒരു കർമ്മത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ പറയാം ആ കർമ്മത്തോട് ബന്ധപ്പെട്ട ഹവനം പുലരുന്നതിന് മുമ്പ് ചെയ്യണം എന്നിടത്ത് പറയണം വേറെടുത്ത് പറഞ്ഞു പുലർന്നതിന് ശേഷം ചെയ്താൽ ഇത് രണ്ടും പറഞ്ഞിരിക്കും അപ്പോൾ രണ്ടു പരസ്പര വിരുദ്ധമായ കാര്യമാണ് ഒരിടത്ത് പറഞ്ഞു ഹവനം പുലരുന്നതിന് ശേഷം ചെയ്യാം വേറെടുത്ത് പറഞ്ഞു പുലരുന്നതിന് മുമ്പ് ചെയ്യാം അവിടെ കേൾക്കുന്നയാളിന് സംശയം ഉണ്ടാകും ഹവനം പുലരുന്നതിന് മുമ്പ് ചെയ്യണമോ അത് പുലർന്നതിന് ശേഷം ചെയ്യണോ ആ യാഗത്തിനോട് ബന്ധപ്പെട്ട കർമ്മമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവസാനം തീരുമാനിക്കുന്ന എന്താണ് വേദവാക്യം അപ്രമാണമാകാൻ പാടില്ല രണ്ടും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് രണ്ടുമാകാം പുലരുന്നതിന് മുമ്പും ചെയ്യാം പുലിടുന്നതിന് ശേഷം ചെയ്യാം അങ്ങനെ രണ്ടുമാകാം എന്ന് സ്വീകരിക്കുന്നതിനാണ് വികല്പം എന്നിവിടെ പറയുന്നത് വികല്പം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് പക്ഷെ ഇവിടെ വികല്പം എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ യവേറുവാഹിതർ വെക്കൊരുപാട് ഉദാഹരണങ്ങൾ മീമാംസയിൽ വരും യപം ഉപയോഗിക്കണമോ അതോ നെല്ലുപയോഗിക്കണമോ ഹവനത്തിന് അപ്പോൾ ഒരു ഭാഗത്ത് പറയും വാ യവം കൊണ്ടുമാകാം നെല്ല് കൊണ്ടുമാകാം അത് വികല്പമാണ് രണ്ടു ആകാം എന്ന് പറയും അതുപോലെ ഇവിടെ എന്തു ചെയ്തിരിക്കുന്നു ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു ജ്ഞാനവും കർമ്മവും അത്യന്ത വിരുദ്ധമാണ് അതുകൊണ്ട് ആ അഭിപ്രായത്തെ സ്വീകരിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നു രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ എന്നുവെച്ചാൽ വിരുദ്ധമല്ല അതുകൊണ്ട് അവരോധത്തെ വികസരിക്കാം അതുകൊണ്ട് ഇത് വികല്പമാണ് ഇത് വികല്പമായിട്ട് സ്വീകരിക്കാം എന്നർക്കം വികല്പമായിട്ട് സ്വീകരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ജ്ഞാനവും കർമ്മവും ഒരുമിച്ചാകാം ചില സന്ദർഭങ്ങളിൽ ജ്ഞാനവും കർമ്മവും വേറെ വേറെയുമാകാം എന്ന് സ്വീകരിച്ചാലോ എന്ന് സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നറക്കം കാരണം ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഏതിനെ സ്വീകരിക്കും ഒന്നിന് സ്വീകരിച്ചാൽ മറ്റേ പ്രമാണമായിപ്പോ അങ്ങനെ വരുന്ന രണ്ട് സ്വീകരിക്കുക അതാണ് വിദ്യാ വിദ്യാ വിരോധ വിരോധയോഹോ വികൽപ്പ വിരോധ വിരോധിയോ രണ്ട് സ്വീകരിക്കാം വികല്പത്തെ സ്വീകരിക്കുക അവിടെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ വികല്പ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വരുന്ന ദോഷം എവറുക എന്നും മറ്റും പറഞ്ഞെടുത്ത് സ്വീകരിച്ചതുപോലെ വികല്പത്തിവിടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു സ്വീകരിക്കുന്നതിന് ഇവിടെ ദോഷമുണ്ട് ഇവിടെ വികൽപ്പത്തെ സ്വീകരിക്കുന്നതിന് ദോഷമുണ്ട് ഇവിടെ വികൽപ്പ സ്വീകരിക്കുന്നതിനുള്ള അനുകൂലത എന്താണ് ഇവിടെ സമുച്ചയം വിധിച്ചിരിക്കുന്നത് സമുച്ചയം വിധിച്ചിരിക്കുന്നതുകൊണ്ട് ൂടി ചേർത്ത് അനുഷ്ഠിക്കാൻ പറഞ്ഞു അപ്പോ ഒരുപക്ഷത്തെ സ്വീകരിക്കാം ഒന്നിനെ സ്വീകരിക്കാൻ വന്നത് രണ്ടും കൂടി ചേർത്ത് അനുഷ്ഠിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഒരുപക്ഷം സ്വീകരിക്കാം ഇനിയും കടോവംശത്തിനാണെങ്കിലും രണ്ടിനെയും പൂർണമായും നിഷേധിച്ചു അതുകൊണ്ട് രണ്ടും ിക്കേണ്ട പ്രത്യേകം പ്രത്യേകം തന്നെ അനുഷ്ഠിച്ചാൽ മതി എന്നുള്ള പക്ഷത്തെ സ്വീകരിക്കാം അതുമാത്രമല്ല ഇവിടെ ഇപ്പോ പൂർവക്ഷി പറയുന്നതനുസരിച്ച് വിധിച്ചാണ് പ്രാബല്യം വരുന്നത് ഇവിടെ ഇപ്പം വിധിച്ചിരിക്കുന്നു രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ വിധിച്ചിരിക്കുന്നു കർമ്മത്തെയും ജ്ഞാനത്തെയും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ വിളിച്ചു അപ്പൊ വിധിക്കവിടെ പ്രാബല്യം ഈ വിധിയോട് ചേർന്ന് വരുന്ന മറ്റു വാക്യങ്ങൾ കാരണം കഠോപുഷത്തിൽ പറഞ്ഞിരിക്കുന്നു ഇത് രണ്ടും ഭിന്ന ഫലമുള്ളതാണ് ഇതൊരിക്കലും ചേരത്തില്ല അവിടെ ഒരു വിധിയില്ല മറിച്ചൊരു പ്രസ്താവനയാണത് പക്ഷെ അതിനെ ഈ വിധിയോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ വിധി വാക്യമാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് മുഖ്യമായിട്ടുള്ളത് മറ്റു വാക്യങ്ങളെ അതിനോട് ചേർന്ന് വരുന്ന വാക്യങ്ങളെ അർത്ഥവാദങ്ങളെന്ന് പറയും അപ്പോ കഠോവംശത്തിലെ വാക്യം അർത്ഥവാദമാണ് അർത്ഥവാദം എന്ന് വെച്ചാൽ അതിന് അതിന്റെ വാക്യാർത്ഥത്തെ എടുക്കണ്ട ആ വിധിയെ സ്തുതിക്കുന്നതിനോ അല്ലെങ്കിൽ നിന്ദിക്കുന്നതിനോ വേണ്ടി പറയുന്നതായിരിക്കും അപ്പൊ അതിന് അർത്ഥവാദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മുഖ്യമായ അർത്ഥം വിധിവാക്യത്തിനെടുത്താൽ മതി അപ്പൊ സമുച്ചയിക്കാൻ പറഞ്ഞതിനെ തന്നെ മുഖ്യമായിട്ട് എടുത്താൽ അതിവിടെ എന്താണ് സമുച്ചയവിധാനമാണ് ഇവിടെ സമുച്ചയത്തെയാണ് വിധിച്ചിരിക്കുന്നത് അതാണ് വിധിവാക്യം അതുകൊണ്ട് അവരോധം പഠവംശത്തിൽ പറഞ്ഞിരിക്കുന്ന വിധമായിട്ട് വിരോധമൊന്നുമില്ല അത് അർത്ഥവാദവാക്യമാണ് ഇതാണ് മുഖ്യമായിട്ടുള്ളത് ഈ രീതിയിൽ പൂർവ്വപക്ഷി വിശദീകരിക്കുകയാണ് അതായത് ഇവിടെ മുഖ്യമായിരിക്കുന്ന ഇവിടുത്തെ വിധിവാക്യമാണ് മറ്റേ അർത്ഥവാദമാണ് എന്റെ അർത്ഥത്തെ എടുക്കേണ്ട അതുകൊണ്ട് വിധിയനുസരിച്ച് ഇവിടെ സമുച്ചയം തന്നെ വേണം അതായത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലതരത്തിലും ചിന്തിക്കാം പൂർവമീമാംസകർ ഈ വിഷയത്തെ ഈ ഒരു പ്രകടനത്തിനല്ലെങ്കിലും കർമ്മവുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ധാരാളം ചിന്തിച്ചിട്ടുള്ളതാണ് സമുച്ചയം വികൽപ്പം ഇത്തരം കാര്യങ്ങൾ അതിനെ ഇവിടെ ഒന്ന് പരാമർശിക്കുന്ന ഈ ചിന്താശൈലി പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്നത് പൂർവമീമാംസകരുടെയാണ് അവിടെ ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട് ഈ സമുച്ചയം എന്ന് അദ്വീതത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തെ പരാമർശിക്കാൻ വേണ്ടി ശങ്കരാചാര്യർ കൊണ്ടുവന്നതല്ല ഈ സമുച്ചയം എന്ന് പറയുന്നത് പൂർവ്വ മീമാംസയുടെ ഒരു സബ്ജക്റ്റാണ് അവിടെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ സമുച്ചയങ്ങളാകാം എവിടെ വികല്പങ്ങളാകാം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് സമുച്ചയം എന്നുള്ള വാസ്തു കേൾക്കുമ്പോൾ തന്നെ അവിടെ മീമാംസകർ വരും എന്താണ് ഇവിടെ എന്താണ് സമുച്ചയ്ക്കുന്നത് അങ്ങനെ സംശയിക്കാം ഇത്തരം ചോദ്യങ്ങളുമായിട്ട് അതുകൊണ്ടാണ് അതിന് അനുസരിച്ച് ഇവിടെ മറുപടി പറയുന്നത് അല്ലാതെ താൻ പുതുതായിട്ടൊരു കാര്യം പറയുകയല്ല ഇവിടെ വിഷയം മാറിയുന്നേ ഉള്ളൂ പൂർവ്വമീമാംസെയ്ത് സമുച്ചയം വികൽപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം കർമ്മങ്ങളാണ് ഇവിടെ അത് അദ്വൈതമായി ഇവിടുത്തെ വിഷയം ആ വ്യത്യാസം അങ്ങനെ പൂർവ്വപക്ഷി ഇവിടെ സമൃദ്ധിക്കുകയാണ് ഇവിടെ സമുച്ചയം വിധിച്ചിരിക്കുന്നു അതാണ് മുഖ്യം മറ്റത് അർത്ഥവാദമാണ് അതുകൊണ്ട് സമുച്ചയത്തെ തന്നെ സ്വീകരിക്കണം അതിലൂടെ ജ്ഞാന കർമ്മങ്ങളെ സമുച്ചയിക്കാം എന്നാണ് എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് തന്നെ ജ്ഞാനവും കർമ്മവും അനുഷ്ഠിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർമ്മം അനുഷ്ഠിക്കുന്നതിന് അധികാരിയായി അജ്ഞാനിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഗൃഹസ്ഥൻ അപ്പോൾ ആ ഗ്രഹസ്ഥന് ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജ്ഞാനവും ആകാം എന്ന് വരും ഇതിനെ അംഗീകരിക്കുന്നില്ല ഗ്രഹസ്ഥന് ജ്ഞാനമാകാം പക്ഷേ സർവകർമ്മ സന്യാസപൂർവകം അത് സാധ്യമുള്ളൂ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് മറ്റെന്ത് കർമ്മയോഗമോ അതുപോലുള്ള എന്ത് ആധ്യാത്മിക സാധനങ്ങളും ഗ്രഹസ്ഥന് ആകാം അങ്ങനെ നിഷേധിക്കുന്നില്ല പക്ഷെ ഇവിടെ പറയുന്ന അദ്വൈത ബോധം ആത്മബോധം എന്ന് പറയുന്നത് സർവകർമ്മസന്യാസം കൊണ്ടേ സാധ്യമാകും എന്നാണ് അതിലൂടെ സർവകർമ്മ സന്യാസത്തോടു കൂടി ആ ജ്ഞാനം നിഷ്ഠ കൊണ്ടേ മോക്ഷമുണ്ടാകുന്നു അതാണ് ശങ്കരാചാര്യ പറയുന്നത് അപ്പോൾ ഗൃഹസ്ഥന് മോക്ഷം വേണമെങ്കിൽ സന്യാസം കൂടിയൊക്കെ തോന്നണം അതാണ് ശങ്കരാചാര്യ സിദ്ധാന്തം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അങ്ങനെ അനുഷ്ഠിച്ചു ജ്ഞാനപ്രാപ്തിയും സർവകർമ്മ സന്യാസം ചേരണം ജ്ഞാനപ്രാപ്തി ഉണ്ടായാൽ സർവകർമ്മ സന്യാസം അവിടെ വരും ജ്ഞാനപ്രാപ്തി ഉപായം എന്നുള്ള നിലയ്ക്ക് കർമ്മങ്ങളെ ധരിക്കണം രണ്ടു തരത്തിൽ ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം എന്നുള്ള കർമ്മസന്യാസം അല്ലെങ്കിൽ ജ്ഞാനപ്രാപ്തി ഇവിടെ ഫലമായി വരുന്ന കർമ്മസന്യാസം ഈ രണ്ടു തരത്തിലുള്ള കർമ്മസന്യാസവും ശേഷം ഈ മോഷം ഉണ്ടാകും കർമ്മം എന്നുള്ളതാണ് അല്ലാതെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷം നേടാൻ സാധ്യമല്ല എന്നാണ് ശങ്കരാചാര്യ വാദം അതിന് പറയുന്ന കാരണം ഇതാണ് കർത്തൃത്വബോധത്തോടു കൂടിയാണ് നേടി കർമ്മം ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യേണ്ടതാണ് ഗൃഹസ്ഥനു വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ജ്ഞാനം നേടുമ്പോന്തു വരുന്നു താൻ അകർത്താവണം എന്നുള്ള ബോധം വരുന്നു അപ്പം ആ കർമ്മങ്ങൾ ഉപേക്ഷിച്ചേ പറ്റും പിന്നെ എങ്ങനെ കർമ്മം ചെയ്യും കർത്തൃത്വ ബത്തോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും അതുകൊണ്ട് ആ കർമ്മങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെടണം എന്നാണ് കാരണം കർമ്മം വിധിച്ചിരിക്കുന്നത് അജ്ഞാനിക്കാണ് ഞാൻ ചെയ്യുന്നവനാണ് ബോധമുള്ളത് ആ ബോധം ചെയ്യുന്നവനാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കർമ്മം ഉപേക്ഷിക്കേണ്ടി അവിടെ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് സംഭവിച്ചിരിക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നതുപോലെയല്ല ശങ്കരാചാര്യര് ഈ സന്യാസം എന്നുള്ള വിഷയത്തെ കുറിച്ച് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഗ്രഹസ്ഥനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗ്രഹസ്ഥന ആണെപ്പോഴും ഈ സന്യാസം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ ശങ്കരാചാര്യ ചർച്ച ചെയ്യുന്നത് ഗ്രഹസ്ഥനാണ് ഗ്രഹസ്ഥന് സന്യാസം വേണമോ വേണ്ടയോ എന്നതാണ് അല്ലാതെ നൈശിക ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസത്തെക്കുറിച്ചുകൂടെ അധികം ചർച്ച ചെയ്യുന്നില്ല ശങ്കരാചാര്യ ഒരിടത്ത് അപൂർവം പരാമർശിക്കുന്നതെന്ന് ചർച്ച മുഴുവൻ നടക്കുന്ന ഗൃഹസ്ഥാശ്രമത്തിന് സന്യാസത്തെക്കുറിച്ചാണ് സർവത്രം ഗൃഹത്തിന് സന്യാസം വേണമോ വേണ്ടേ മോക്ഷം വേണോ അത് കൂടിയ അത് സമർത്ഥിക്കുന്നതിനാണ് ഈ ഭാഷയത്തിൽ കൂടുതൽ ഭാഗങ്ങളും പരിശ്രമം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടാണ് കാരണം വൈദികധർമ്മം അതിന്റെ പൂർണമായ നിലയിൽ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളാണ് ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമം തിരുന്നുകൊണ്ട് ഈ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പറ്റും അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരാള് ആ അനുഷ്ഠാനങ്ങൾ തുടരണമോ അതോ അത് വിടണോ ഇതാണ് ചർച്ച ബ്രഹ്മചാരി എന്നോട് വിഷയം ആ കാര്യത്തിൽ അവിടെ സന്യാസത്തെ സംബന്ധിച്ച് വരുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് വിഷയമേ ആകുന്നുണ്ട് ആകുന്നുണ്ട് വളരെ അപൂർവമായിട്ടേ വരുന്നുണ്ട് ചർച്ച വരുന്നതിലാണ് അതാണ് മണ്ഡല മിശ്രണം കൊണ്ട് സന്യാസിപ്പിച്ചതെന്ന് പറയും മണ്ഡലമിശ്രം സന്യാസിയായിരുന്നു ഗൃഹസ്ഥനായി സന്യാസിയാണ് ഗൃഹസ്ഥാശ്രം തീരുന്നോണ്ട് സന്യാസിയാണ് അപ്പം കർമ്മ അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ അതുപേക്ഷിച്ച് സന്യാസിപ്പിക്കുക എന്നുള്ളതാണ് ശങ്കരാചാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ചർച്ചാ വിഷയമായി വരുമ്പോൾ മുഖ്യമായ സന്യാസം നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ ബ്രഹ്മചേരിയെത്തി അത് ഏത് സന്ദർഭങ്ങളും നമ്മൾ നോക്കിയാലും മെച്ചണം ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ച് സന്യാസി അതാണ് പറയും അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ ധാരണയ്ക്ക് വിരുദ്ധമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ശങ്കരായ ഒരു നൈഷ്ഠികളിൽ നിന്ന് സന്യാസി വന്നുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്താണ് ചർച്ച ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഭാഷ്യം പഠിക്കാതിരുന്ന ധരിക്കുന്നത് പക്ഷേ ഭാഷയത്തിലേക്ക് കിടക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നു അങ്ങനെ അല്ല സർവ്വ സ്ഥലങ്ങളിലും ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഗ്രഹസ്ഥനെ കൊണ്ട് സന്യസിപ്പിക്കുക ഇതാണ് ശങ്കരാചാര്യരുടെ പ്രധാനമായ ജോലി എന്ന് പറയുന്ന ഗ്രഹസ്ഥാശ്രമത്തിൽ തുടരരുത് ജ്ഞാനം നേടുക സന്യസിക്കുക മോക്ഷം നേടുക അതുകൊണ്ട് പൂർവ്വപക്ഷി വളരെ വാശിയോടുകൂടി പല യുക്തികളും എല്ലാം ഉപയോഗിച്ച് ആ ജ്ഞാന സമുച്ചയത്തെ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന ഒരു കാര്യം ബ്രഹ്മചാരിക്ക് പ്രശസ്തിയാകുന്നു അതായത് ബ്രഹ്മചര്യത്തിൽ കർമ്മ ഈ പറയുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അവിടെയില്ല സഹധർമ്മിണിയോടുകൂടി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളൊന്നും അവിടെ ഇല്ല ജ്യോതിഷ്ടവിടെ വരുന്നില്ല അതുകൊണ്ട് ബ്രഹ്മചാരിയുടെ അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ വരേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ ഇത്തരം കർമ്മങ്ങൾ പ്രസക്തമാകുന്നതന്നെ ഇവിടെ ഗൃഹസ്ഥനിലാണ് മുഖ്യമായിട്ട് ബ്രഹ്മചാരിക്ക് കർമ്മം ഇല്ലാതെ ഇല്ല കൊണ്ട് നിത്യകർമ്മങ്ങളും മറ്റും കൊണ്ട് വേദാധ്യനം പോലെയുള്ള കർമ്മങ്ങളുണ്ട് പക്ഷെ അതൊന്നും പ്രധാന കർമ്മങ്ങളല്ല ഉപേക്ഷിക്കാൻ ശക്തമായി ആവശ്യപ്പെടേണ്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ ശക്തമായി ആവശ്യപ്പെടേണ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മങ്ങളാണ് അത്തരം കർമ്മങ്ങൾ സന്യാസം എന്നാ പറയുന്നത് അതാണ് ശങ്കരാചാര്യര് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ ബ്രഹ്മചാരിയോട് പറയേണ്ട ആവശ്യം വരുന്നില്ല അതിന് പ്രസക്തി ഇല്ലാത്ത അതും ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം അപൂർവമായതുകൊണ്ടുമാകാം കാരണം ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം വളരെ അപൂർവമാണ് അത് വിരാളമായി അതുകൊണ്ടും അതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് പറയുന്നുണ്ട് യഥഹരേ വിരഹീത് തഥാ ഹരേവ പ്രഭീയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അതിനും എത്രയോ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഗൃഹസ്ഥാശ്രമയുടെ സന്യാസത്തെ കുറിച്ചാണ് പണീ ഇത്തരത്തിലുള്ള കർമ്മത്യാഗങ്ങൾക്ക് പ്രസക്തി വരുന്നത് ഗൃഹസ്ഥാശ്രമത്തിലാണ് ബ്രഹ്മഗിരി ആശ്രമത്തിലല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് കർമ്മവും ഞാനും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ ഒരു ഗൃഹസ്ഥാശ്രമയ്ക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ലടുത്ത് ഇന്ന സഹസംഭവ അനുപത്യം ഇതൊരുമിച്ച് സംഭവിക്കത്തില്ല അനുബന്ധമാണ് രണ്ടും കൂടി ഒരുമിച്ച് ഇരിക്കത്തില്ല ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്നുള്ള ബോധത്തോടുകൂടി ചെയ്യേണ്ട ഈ കർമ്മങ്ങളും ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്ന ബോധത്തോടുകൂടിയിരിക്കുന്ന ഞാനും ഇത് ഒരു വ്യക്തി ഒരു കാലത്ത് ഒരുമിച്ച് സംഭവിക്കത്തില്ല അതിന് യുക്തിയില്ല എന്നാണ് അതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്നാണ് ക്രമേണ ഏകാശ്രയസ്യാദാം വിദ്യ വിദ്യ ഇതിച്ച് വരുന്ന ഒരേ ആശ്രയത്തിൽ ഒരു സമയം ഇരിക്കുന്നില്ലെങ്കിലും ജ്ഞാനം പിന്നീട് കർമ്മം പിന്നീട് ജ്ഞാനം അങ്ങനെ ഇരുന്നൂടെ ക്രമമായിട്ട് ജ്ഞാനം ഉണ്ടായി അതുകഴിഞ്ഞ് വീണ്ടും കർമ്മം വരാം ഒരു സമയത്തിരിക്കത്തില്ല ജ്ഞാനം വന്നു പിന്നെ കർമ്മം വരാം പിന്നെ കുറച്ച് സമയം ഞാനും അങ്ങനെ ഇരുന്നാലോ ക്രമേണ ഏകാശ്രീസെയാതെ ക്രമമായി ഒരു വ്യക്തിയിൽ തന്നെ വരാം ഏകാശ്രയം ഒരു ജീവനിൽ തന്നെ വരാം വിദ്യ ജ്ഞാനവും കർമ്മവും വിരിച്ച് അത് സാധ്യമല്ല എന്നാ അത് സാധ്യമല്ല ഒരാൾക്ക് ഞാനുണ്ടായി ഉണ്ടായിട്ട് പിന്നീട് അയാളാ ജ്ഞാനം മാറ്റിവെച്ചിട്ട് കർമ്മം ചെയ്യുന്നു വീണ്ടും ഞാനുണ്ടാകും എങ്ങനെ പോയാലോ അത് സാധ്യമല്ല വിദ്യ ഉത്പത്തോ അവിദ്യായ അസ്തത്വ സദാശ്രയം അവിദ്യാനൂപത്തെ പറയുന്നു വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാന കാര്യങ്ങളെല്ലാം നശിക്കുന്നു പിന്നെ ആ വിദ്യ ഉണ്ടായ ആ ആത്മാവിനും അവിദ്യ ഒരിക്കലും ഉണ്ടാകത്തില്ല നശിച്ചിട്ട് വീണ്ടും വന്നൂടെ അത് വരാൻ പറ്റത്തില്ല കാരണം ആ എന്ന് പറയുന്നത് ഒന്നാണ് അത് നശിച്ചു ഇനി രണ്ടാമതൊര വിദ്യ ഉണ്ടായിരുന്ന വിദ്യ നശിച്ചു നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നശിച്ചത് ഉണ്ടാകത്തില്ല ഒരുപാട് അവിദ്യകൾ ഉണ്ടെങ്കിൽ ഒരവിദ്യ നശിച്ച വേറൊരു വിദ്യ നില്ക്കാം ഇതങ്ങനെയില്ല മൂലാവിദ്യ മുഖ്യ ആയിരിക്കുന്ന അവിദ്യ അനാദിയായിരിക്കുന്ന അവിദ്യ അത് ഏകമാണ് അത് നശിച്ചു കഴിഞ്ഞു അതാണ് വിദ്യ ഉത്പത്ത് വിദ്യ ഉണ്ടായി കഴിഞ്ഞാൽ അവിദ്യായ നശിക്കുന്നു അതുകൊണ്ട് തന്നെ സംശയം വരും വളരെ പ്രയാസപ്പെട്ട് ഈ ജ്ഞാനം നേടി അജ്ഞാനം നശിക്കുന്നു നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം ഉണ്ടായി ബന്ധനത്തിലായിക്കൂടെ രജ്ജിവിൽ സർപ്പഭ്രാന്തി ഉണ്ടായി പിന്നീട് മനസ്സിലായി കയറാണെന്ന് മനസ്സിലായി ആ ഭ്രാന്തി നശിച്ചു പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും വേറൊരു സ്ഥലത്ത് വീണ്ടും ഭ്രാന്തി ഉണ്ടാവുന്നുണ്ടെന്ന് ഒരു ഭ്രമമുണ്ടായി ആ ഭ്രമം നശിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ വേറൊരു സമയത്ത് അതേ വ്യക്തിക്ക് തന്നെ വീണ്ടും പല സമയങ്ങളിൽ വീണ്ടും ഭ്രമം ഉണ്ടാകാമെന്ന് കാണുന്നുണ്ടല്ലോ അതുപോലെ ഈ സംസാര കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു സമയത്ത് വീണ്ടും അജ്ഞാനം ഉണ്ടായി വന്നു എങ്ങനെയാണോ ഇവിടെ വ്യാവഹാരികമായി ഭ്രമം ഉണ്ടാകുന്നത് അതുപോലെ വീണ്ടും ഭ്രമം ഉണ്ടായിക്കൂടെ വീണ്ടും സംസാരമാകാം വിടെ പറയുന്നത് അവിദ്യായാഖ്യത്വ അവിടെ സംഭവിക്കുന്ന എന്താണോ അവിദ്യയുടെ അജ്ഞാനത്തിന്റെ സർപ്പഭ്രമത്തിന്റെ കാരണമായിരിക്കുന്ന ആ അജ്ഞാനത്തിന്റെ പൂർണമായ നാശം വരുന്നില്ല അങ്ങനെ തൂലാവിദ്യ എന്ന് പറയും തുച്ഛമായ അവിദ്യ നശിച്ചു പോവും താത്കാലികമായി ഉണ്ടായ ഒരു ജ്ഞാനം കൊണ്ട് ആ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്ന അജ്ഞാനമേ നശിച്ചം മൂലാജ്ഞാനം നശിച്ചു മുഖ്യമായിരിക്കുന്ന അജ്ഞാനം നശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭ്രമം ഉണ്ടാവുന്നത് ഇവിടെ അങ്ങനെയല്ല ഈ ജഗത് ഭ്രമത്തിന് ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ അത് അത് നശിച്ചു അത് നശിച്ചു കഴിഞ്ഞാല് പിന്നീട് അവിദ്യയില്ല തിരിച്ചു വരാൻ എവിടെയാണോ നശിച്ചത് അവിടെ പിന്നീട് അവിദ്യ ഉണ്ടാകുന്നില്ല എന്നാണ് ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുന്നു യസ് ആശ്രയേ തന്നിന്നേവാശ്രയേതു അപ്രകാശോ അവിദ്യ ഉത്പത്തി നശയോ അജ്ഞാനം വ അഗ്നി ഉഷ്ണ പ്രകാശിച്ചത് വിജ്ഞാനം ഉൾപ്പെട്ടു ഒരാൾ അഗ്നിയെ കുറിച്ച് മനസ്സിലാക്കുന്നു ഇത് ഉഷ്ണമാണ് പ്രകാശമുള്ളതുമാണ് ചൂടുള്ളതാണ് പ്രകാശമുള്ളതാണ് ഉഷ്ണ പ്രകാശിച്ച എന്നൊരു ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ യസ്മിൻ ആശ്രയേ തതുൽപ്പന്നം ഏതൊരു വ്യക്തിയിലാണോ അങ്ങനൊരു അറിവുണ്ടായത് അഗ്നി ചൂടുള്ളതാണ് പ്രകാശമുള്ളതാണ് എന്നൊരു അറിവ് ഏതൊരു വ്യക്തിയിലാണോ ഉണ്ടായത് തസ്മിൻ്റെ ആശ്രയ ആ വ്യക്തിയിൽ തന്നെ ശീതോ അഗ്നി അപ്രകാശോ ഇത് തണുപ്പാണ് അഗ്നി ഇരുട്ടാണ് എന്നുള്ള അവിദ്യായ ഉത്പത്തി എന്നുള്ള അവിദ്യയുടെ അവിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭ്രമം എന്നാർത്ഥം അങ്ങനെയൊരു ഭ്രമത്തിന്റെ ഉത്പത്തി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു ഭ്രമം അയാൾക്കുണ്ടാകുന്നില്ല നാവിസംശയം അങ്ങനെയൊരു സംശയവും ഉണ്ടാകുന്നില്ല ം അങ്ങനെ ഒരു അജ്ഞാനവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് യഥാർത്ഥമായ ജ്ഞാനം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് അഗ്നിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അഗ്നി ചൂടുള്ളതാണ് പ്രകാശമുള്ളതാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ വ്യക്തിക്ക് അതേ വിഷയത്തെ സംബന്ധിച്ച് പിന്നീട് ഭ്രമമോ സംശയമോ അജ്ഞാനമോ ഉണ്ടാകുന്നില്ല എന്നാണ് അജ്ഞാനം സംശയം വികല്പം ഇതാണ് സാധാരണ ഒരു അജ്ഞനൻ കാണുന്നത് ആത്മാവിനെ സംബന്ധിച്ച് അജ്ഞാനിക്ക് പൊതുവെ ഉണ്ടായിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ആത്മാവിനെ സംബന്ധിച്ച് ഒന്ന് അജ്ഞാനം അതിനറിയാതിരിക്കുക മറ്റൊന്ന് സംശയം അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച് അനേകമാണോ അനേകമാണോ ഈ തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുക പിന്നീട് വികല്പം അതായത് ഭ്രമം ആത്മാവ് ഈ ശരീരമാണ് അല്ലെങ്കിൽ താനാണ് ഇത്തരത്തിലുള്ള ഭ്രമം വിപരീത ബുദ്ധി ഇത് മൂന്ന് ആത്മാവിനെ സംബന്ധിച്ച് ഒരാൾക്കുണ്ടാവാം പക്ഷേ ആത്മാവിന്റെ യഥാർത്ഥമായി ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാന സംശയവിപരീയങ്ങൾശയഭ്രമങ്ങൾ അതുണ്ടാകുന്നില്ല ഏതുപോലെ അഗ്നിയെ കണ്ടിത് അഗ്നിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ചൂടുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് അജ്ഞാനം അറിവില്ലാതിരിക്കുക അത് സംശയം ഇത് അഗ്നിയാണോ ജലമാണോ ഇത് ചൂടുള്ളതാണോ തണുപ്പുള്ളതാണോ അങ്ങനെ സംശയം ഉണ്ടാകാറില്ല അല്ല ഇത് ചൂടുള്ളതല്ല ഇത് തണുത്തതാണെന്നുള്ള ഭ്രമവും ഉണ്ടാകാറില്ല എന്നുവെച്ചാൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി സംശയ വിപരീയ അജ്ഞാനങ്ങളൊക്കെ എവിടെയാണ്ടാകുന്നത് ഒരു വസ്തുവിനെ ശരിക്കറിയുന്നതിന് എന്തെങ്കിലും തടസ്സം നേരിടുമ്പോഴാണ് ഉണ്ടാവും അങ്ങനെ ഒന്നാമുണ്ടാവാം അഗ്നിയെ ദൂരത്ത് കണ്ട് അത് ശരിക്ക് മനസ്സിലായില്ല മറ്റെന്തോ ആണെന്ന് അതിനെ ധരിച്ച് അങ്ങനെ ധരിച്ചുകൊണ്ട് ഇരിക്കും അയാൾക്ക് ഭ്രമുണ്ടാവാം ഇവിടെ പറയുന്ന അത്തരം സന്ദർഭത്തിലല്ല രജ്ജുവിനെ ശരിയായി കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിന് ഭ്രമം ഉണ്ടാകുന്നില്ല കയറിനെ ശരിയായി കാണാതിരുന്നു കഴിഞ്ഞാൽ ഇരുട്ടുകൊണ്ടോ തന്റെ സംഭ്രമുകൊണ്ടോ ഭയം കൊണ്ടോ ഉത്കണ്ഠ കൊണ്ടോ ഏതെങ്കിലും കാരണവശാൽ കയറിനെ ശരിക്ക് കാണാതിരുന്നു കഴിഞ്ഞാൽ അവിടെ സംശയം അജ്ഞാനം ഭ്രഹ്മത് മൂന്നും ഉണ്ടാകാം ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാകുന്നില്ല അങ്ങനെ ശരിക്ക് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് അഗ്നിയെക്കുറിച്ചൊരാളങ്ങനെ ശരിയായി മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് മൂന്നും ഉണ്ടാകുന്നില്ല അതുപോലെ ആത്മാവിനെ ഒരാൾ ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്ന ഒരാളിനു പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള സംശയം അജ്ഞാനം ഭ്രമം ബ്രഹ്മത്തിനെ തന്നെ ചിലടത്ത് വിപരിയം വികല്പം എന്നെല്ലാം പറയും ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് വിദ്യോത്പത്തും അതാ അവിദ്യായ അസ്തത്വ വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിദ്യ നശിക്കുന്നു ശ്രയേ അവിദ്യാനുപത്തായി എവിടെയാണോ ആ വിദ്യ ഉണ്ടായത് അവിടെ പിന്നെ അവിദ്യ ഉണ്ടാകുന്നില്ല വിദ്യ ഉണ്ടായ വ്യക്തി വിദ്യ എന്ന് വെച്ചവിടെ ജ്ഞാനമാണ് നഹി അഗ്നിഷ്ണ പ്രകാശ്ശേരി വിജ്ഞാനോത്പത്തും അഗ്നി ഹി ഉഷ്ണ അഗ്നി ഉഷ്ണമാണോ പ്രകാശമാണ് എന്നുള്ള വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ യസ്മിൻ ആശ്രയെ ഏതുവരിൽ ഏതൊരാളിലാണോ തതുൽപ്പന്നം ആ ജ്ഞാനം ഉണ്ടായത് തസ്മിന്നേവശ്രയെ ആ വ്യക്തിയിൽ തന്നെ ശീതോ അഗ്നി അഗ്നി ശീതമാണ് അപ്രകാശം അത് പ്രകാശിക്കാത്തതാണ് ഇരട്ടാണ് വ എന്നുള്ള അവിദ്യായ ധർമ്മത്തിന്റെ ഉത്പത്തി ഉണ്ടാകുന്നില്ല നാഭി അതുപോലെ തന്നെ സംശയമോ അജ്ഞാനമോ അജ്ഞാനമോ ന സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് അതിനും ശ്രുതി എന്ന പ്രമാണം വിവാൻമാരുടെ അനുഭവം അതിന് പ്രമാണമാണ് യസ്മിന് സർവാണി ഭൂതാനി ആത്മീയവാഭൂത് വിജ്ഞാന തോ മോഹ ഏകത്വം അനുപശിത ഇനി ശോകമോഹാദി അസംഭവശ്രുതി ഇത് ശ്രുതി തന്നെ പറയുന്നുണ്ടല്ലോ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ യസ്മിന് സർവാണി ഭൂതാനി ആത്മീയവാഭൂത് ഏതൊരു വിജ്ഞാനാവസ്ഥയിലാണോ വിദ്യാവസ്ഥയിലാണോ അയാൾക്ക് സർവോ ആത്മാവായി തന്നെ തീർന്നതെന്ന് വെച്ചാൽ ആ ഞാൻ അവസ്ഥയെ പറയുകയാണ് അപ്പോൾ പിന്നെ ശോകമോഹങ്ങളെവിടെ സംസാരധർമ്മങ്ങളൊന്നും ഇല്ല എന്നറക്കും ഏകത്വം ദർശിക്ക് പിന്നീട് ശോകമോഹങ്ങളില്ല എന്ന് പറഞ്ഞാൽ ശോകമോഹങ്ങൾക്ക് കാരണമായിരുന്ന അവിവേകം മോഹം അത് നശിച്ചുകഴിഞ്ഞു പിന്നീട് അയാൾക്ക് ശോകം അവിവേകമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇന്ന് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് നേരത്തെ ഊർ ക്ഷി പറഞ്ഞെന്താണ് ജ്ഞാനം ഉണ്ടാവുക പിന്നീടും കർമ്മം വരിക പിന്നെ ജ്ഞാനം വരുക അങ്ങനെ ക്രമമായി സംഭവിക്കാമോ അത് സംഭവിക്കത്തില്ല എന്നാണ് പിന്നെ സ്വീകരിക്കുന്നു എങ്ങനെ ആദ്യം അജ്ഞാനം അത് നേരത്തെ തന്നെ അവിടെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു അവിടെ കർമ്മത്തെ സ്വീകരിക്കാം അത് കഴിഞ്ഞു പിന്നെ ജ്ഞാനം ആ ക്രമ സ്വീകരിക്കും കർമ്മത്തിൽ നിന്ന് ജ്ഞാനം എന്താ ജ്ഞാനം കഴിഞ്ഞു കർമ്മം അല്ലെങ്കിൽ ജ്ഞാനത്തോടൊപ്പം കർമ്മം ഇത് സ്വീകരിക്കാൻ സാധ്യമുണ്ടായിരുന്നു അപ്പൊ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ക്രമം ഇതാണ് കർമ്മത്തിൽ നിന്ന് ജ്ഞാനം കർമ്മം കഴിഞ്ഞ് ഞാനം എന്താ ജ്ഞാനം കഴിഞ്ഞു കർമ്മം അങ്ങനെ ഒരു ക്രമം സ്വീകരിക്കുന്നില്ല അവിദ്യ അസംഭവ തർമ്മോ അനൂപത്തി അപോചാമോ ഇത് പറയുന്നു അവിദ്യ അസംഭവ അവിദ്യ എന്ന് പറയുന്നവർ ഞാനീ സംഭവിക്കുന്നില്ല നശിച്ചു കഴിഞ്ഞു ഇല്ലാത്ത അങ്ങനെ സംഭവിക്കും ഉണ്ടായിരുന്നു നശിച്ചു കഴിഞ്ഞു അവിദ്യ ഉപാദാന കാരണമായിരിക്കുന്ന ആ വിദ്യ ആശ്രയിച്ചുണ്ടാവുന്ന നിന്നും ഉണ്ടാകുന്ന കർമ്മണോ അനുഭവത്തി ആ കർമ്മവും നിലനിൽക്കുന്നതിന് യുക്തിയില്ല ഇക്കാര്യം അവോ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഭാഷകാലം പറയുക അവിദ്യയുടെ കാര്യമാണ് കർമ്മം അവിദ്യ കൊണ്ടാണ് കർമ്മം ഉണ്ടാകുന്നത് അവിദ്യ ഞാൻ എനിക്ക് നശിച്ചു കഴിഞ്ഞു പിന്നെ എങ്ങനെ കർമ്മം നിക്കുന്നതിന് യാതൊരു യുക്തി ഇല്ലെന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആ കർമ്മങ്ങളെ സംശയിക്കാൻ പറ്റത്തില്ല എന്ന് ഭാഷകാരൻ തീർത്ത് പറയുന്നു കർമ്മത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ ജ്ഞാനം കൊണ്ട് അവിദ്യ നശിച്ചു പിന്നെങ്ങനെ കർമ്മം നനക്കം ഒരിക്കലും നീ കാണുന്ന കർമ്മങ്ങളോ അതൊന്നും കർമ്മമായിട്ട് കണിക്കാൻ പാടില്ല അതിന് കർമാഭാസം എന്ന് പറയുന്നത് അതിനാണ് പ്രാരംഭം എന്ന് പറയുന്നത് അതും കർമ്മമേ അല്ല അത് കർമ്മമായി ധരിക്കരുത് അജ്ഞാനി താൻ ചെയ്യുന്ന കർത്തൃത്വബോധത്തോടു കൂടി ചെയ്യുന്ന തന്റെ കർമ്മ അനുഭവത്തെ കണ്ടുകൊണ്ട് ഞാനീം കർമ്മം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് തന്റെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് തന്റെ അജ്ഞാനം കൊണ്ട് താൻ അങ്ങനെ കൽപ്പിക്കുന്നതാണ് ഞാനീ കർമ്മം ഒന്നും സംഭവിക്കുന്നില്ല പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പിന്നെ ആ പ്രാരബ ചേഷ്ഠയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ലോകസംഗ്രഹം എന്നെല്ലാം പറയുന്നത് അല്ലാതെ കർമ്മമല്ല അതിന് കർമ്മമായി ഗണിക്കാൻ പാടില്ല അതുകൊണ്ട് ഗൃഹസ്ഥൻ കർമ്മം ചെയ്തതായിട്ടുള്ളതിനു ശങ്കരാചാര്യ സിദ്ധാന്തമനുസരിച്ചൊരു ഉദാഹരണം കിട്ടത് ജ്ഞാനിയായ ഗൃഹസ്ഥൻ അതായത് ഗൃഹസ്ഥാശ്രമത്തിരുന്നു കൊണ്ടും ജ്ഞാനം നേടിയ ഒരാൾ പിന്നെ കർമ്മം ചെയ്തതായിട്ടുള്ളതിനൊരു ധാരണയില്ല ജനകരും മറ്റു അവരുടെ കർമ്മങ്ങളൊന്നും കർമ്മമല്ല ഉപംശത്തിലെ ഋഷിമാരോ അവരുടെയൊന്നും കർമ്മങ്ങളൊന്നും കർമ്മമേ അല്ല നൈവകിഞ്ചിത് കരവും യുക്തവും അന്യേത് തത്വവിത്ത് പറയുന്നു തത്വവിത്ത് എന്താ പറയുന്നു നൈവ കിഞ്ചിത് കരവും ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണ് അപ്പൊ അവരാരും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവര് ഗ്രഹസ്ഥനാണെന്ന് പറയുന്നത് അത് നമ്മുടെ അജ്ഞാനം കൊണ്ട് പറയുന്നതാണ് ഗ്രഹസ്ഥനെന്ന് വെച്ചാൽ വേദവിധിയനുസരിച്ച് കർമ്മം ചെയ്യുന്നവനെന്നാണ് അപ്പൊ ഉപംശത്തിലെ ഋഷിമാർ ഗൃഹസ്ഥന്മാരുണ്ടായിരുന്നു എന്നൊക്കെ സാധനം പറയുന്നുണ്ടോ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ പറയുന്നതെന്നാണ് പറയുന്നത് ഭാഷത്തിൽ തന്നെയാന്ന് പറയും അങ്ങനെ ഉപനിഷത്തിൽ ഒരിടത്തും കർമ്മം ചെയ്യുന്ന ഗൃഹസ്ഥനില്ല എന്നാണ് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല അജ്ഞാനം വെച്ചു പിന്നെ ഇങ്ങനെ കർമ്മം നീക്ക നിലനിൽക്കത്തില്ല ദൈവ കിഞ്ചിത് കരൂമി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് ഗീതിയിൽ തന്നെ പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും വിദ്യാമിച്ച വിദ്യാമിച്ച എന്നിടത്ത് വിദ്യ എന്നുള്ള ശബ്ദം കൊണ്ട് ആത്മജ്ഞാനം എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ലെന്ന് അതുപോലെ തന്നെ അവിടുത്തെ അമൃതം വശനിതയെന്ന് പറയുന്നത് കൊണ്ട് മുഖ്യമായ മോക്ഷത്തെ എടുക്കണമെന്ന് പറഞ്ഞാൽ അതിനടുത്ത് നിഷേധിക്കുന്നത് അമൃതം വശ്വനിതയ്ക്ക് ആപേക്ഷികമൃത് ആപേക്ഷികമായ അമൃതം പരമമായ മോക്ഷത്തെ അല്ല പറയുന്നത് ആ മോക്ഷത്തിന് മുമ്പ് പലതരത്തിലുള്ള വടികളുണ്ട് അതിനെയൊക്കെ പറയുന്നുണ്ട് അതിനേക്കാമൃതമെന്ന് പറയാം ഹിരണ്യഗർഭലോകവാസം വരെയുള്ളതിനാമൃതം എന്ന് പറയാം അതൊന്നും ആത്യന്തികമായ മോശമല്ല സദ്യവും മുക്തിയല്ല ക്രമം മുക്തിക്കുള്ള ഉപായങ്ങളാണ് അതെല്ലാം അതുകൊണ്ട് അമൃതം പറയുന്ന ആപേക്ഷികമായി പറയാൻ പറ്റുന്നത് വിദ്യാശബ്ദേന് പരമാ വിദ്യാഗ്രഹണി ഹിരണ്മയേനെ ഇത്യാദിന ദ്വാരമാർഗാതിയാജനം അനുപന്നംസ്യാണ് പറയുന്ന ഇത് അങ് വെറും യുക്തി ഉപയോഗിച്ച് പറയുകയാണോ അങ്ങയുടെ സേവനമായ യുക്തി ഉപയോഗിച്ച് ഈ വേദത്തെ വ്യാഖ്യാനിക്കുകയാണോ പറയുന്ന അല്ല അതും വേദ തന്നെയാണ് പ്രമാണ എങ്ങനെ ഇവിടെ മാർഗത്തെ യാദിക്കുന്നു ഈ പോകാൻ വഴി കാട്ടിത്തരണമെന്ന് ഇവിടെ ഉപാസനം പ്രാർത്ഥിക്കുന്ന അവസാനം ഹിരൺമയേന് പാത്രേന സത്യസ്യ അഭിഹിദ് മുഖം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈ മാർഗ്ഗയാചന തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് ഇവിടെ ഉപാസകൻ ഇവിടെ പറയുന്നത് ഉപാസനയെക്കുറിച്ചാണ് എസ്തദ്വേദോഭയംസാന്ന് പറയുന്നത് കർമ്മ ഉപാസനകളെ കുറിച്ചാണ് അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഈ ലോകത്ത് വെച്ച് മുക്തനാകുന്നില്ല അയാൾക്ക് മരണശേഷം ഈ ലോകം വിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് മാർഗത്തെ യാചിക്കുന്നത് ഉപാസകനാണ് ഞാനിയല്ല എന്നാണ് വിദ്യാ ശ്രദ്ധേന പരമാന്നു വിദ്യഗ്രഹി വിദ്യ എന്നുള്ളതുകൊണ്ട് പരമാന്നു വിദ്യ എന്നുള്ള അർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹിരൺമേന ഇത്യാദിനാണ് പാത്രേന എന്നുള്ള മന്ത്രത്തിലൂടെ ദ്വാരമാർഗാദിയാചനം ദ്വാരമാർഗം വഴി ചോദിക്കാനും മറ്റും അനുപന്യസാദും ശരിയാകില്ല അതുകൊണ്ട് ഈ ഉപനിഷത്ത് ശ്രദ്ധിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇവിടെ വിദ്യ വിദ്യ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് സമുച്ചയത്തിനു വേണ്ടി ഉപാസന കർമ്മങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ജ്ഞാനത്തെ അല്ല എന്നർത്ഥം ഉപാസനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം അപ്പൊ ശങ്കരാചാര്യർ അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്ന ആ തത്വം എന്താണ് ആത്മാവ് കർത്താവാണ് അഭോക്താവാണ് നിർഗുണമാണ് ഈ ഒരു തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ തത്വത്തിന്റെ വെളിച്ചത്തിൽ പിന്നെ ഈ ഉപനിഷത്തിന് വ്യാഖ്യാനിച്ചാലും ഇതിങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും അല്ലെങ്കിൽ ആത്മാവ് കടത്താവും ഭോക്താവുമാണെന്ന് സ്വീകരിക്കും ആത്മാവ് നിർഗുണമാണ് അകർത്താവാണ് അഭോക്താവാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടവിടെ ജ്ഞാനകർമ്മങ്ങളെ സംശയിക്കാൻ ആർക്കും സാധ്യമല്ല ഉപാസനാ കർമ്മത്തെ സംശയിക്കാൻ പറ്റും അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപത്തെ തന്നെ മാറ്റി സങ്കല്പിക്കണം ആത്മാവ് അങ്ങനെ അല്ലാണ്ട് സങ്കല്പിച്ചാലേ മറ്റ് ജ്ഞാനകർമ്മ സമുച്ചയങ്ങളും മറ്റും നിലനിർത്തും സമുച്ചയം അതുകൊണ്ടെന്നാണ് സിദ്ധാന്തം പറയുന്നത് ഉപാസനയുമായിട്ടാണ് കർമ്മങ്ങളെ സമുച്ചയിക്കേണ്ടത് അല്ലാതെ പരമാത്മവിജ്ഞാനുമായിട്ട് കർമ്മങ്ങളെ സമുച്ചയിക്കരുത് ഇത് യഥാ അസ്മാതൃ എങ്ങനെയാണോ ഞാൻ വ്യാഖ്യാനിച്ചത് ആ മന്ത്രഭാഗത്ത് മന്ത്രാണ് അമർത്ഥം അത് ഈ മന്ത്രങ്ങളുടെ അർത്ഥം ഇത്യുപരിമ്പലി എന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തന്റെ ഭാഷ്യം ഓരോ മന്ത്രങ്ങളെയും വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ മന്ത്രഭാഗത്തെ ഭാഷ അങ്ങനെ സംശയം വന്നു ആ സംശയത്തെ കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നുകൂടി ആ കാരണം ആർക്കും വരുന്നൊരു സംശയമാണ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായി ഭാഷയത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തെ ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് ശങ്കരാചാര്യർ പറയുന്ന സിദ്ധാന്തം അത് ഭർത്താവാണ് അത് സിദ്ധാന്തത്തെ സ്വീകരിച്ചു ഈ മന്ത്രങ്ങളെ ഈ തരത്തിലെ ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ഏറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാവും പറയുന്നത് ഇതുവരെ എടുത്ത എല്ലാ മന്ത്രങ്ങളുടെയും സാരം മാത്രം പറഞ്ഞു ഇതിന്റെ സാരം എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് ആത്മജ്ഞാനം മറ്റൊന്ന് ദേവത ഉപാസന മറ്റൊന്ന് കേവല കർമ്മം ഉപനിഷത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം നമ്മളത് ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആചാര്യൻ പറഞ്ഞ രീതിയിലോ ഏതെങ്കിലും ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തികച്ചും ശാങ്കരഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നത് മന്ത്രത്തിന്റെ താല്പര്യം എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞ താല്പര്യം അതാണ് ശങ്കരാചാര്യ മുമ്പിൽ വരുന്ന പ്രധാനമായി വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തത്വജ്ഞാനം മറ്റൊന്ന് ദേവത ഉപാസന കർമാനുഷ്ഠാനീ ഉപനിഷദ് വ്യാഖ്യാനത്തിലൂടെ ശങ്കരാചാര്യരെ സമർത്ഥിക്കുന്നത് എന്താണ് ആത്മാവ് നിർഗുണമാണ് അകർത്താവാണ് അതായത് അതിന്റെ കടത്തൃത്വഭോക്തൃത്വം ധർമ്മങ്ങളൊന്നുമില്ല സർവധർമ്മ ശൂന്യമാണ് തത്താണ് ചിത്താണ് ആനന്ദമാണ് അതാണ് ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപം അത് ഏകമാണ് ബാക്കി സർവവും അതിൽ ആരോപിച്ചിരിക്കുകയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അധ്യസിച്ചിരിക്കുകയാണ് ബാക്കി കടത്തൃത്വ ഭോക്തൃത്വം ആയിരിക്കും എല്ലാം ഈ പ്രപഞ്ചം അങ്ങനെ ഒരു കൽപന അതിന് കാരണം അജ്ഞാനമാണ് ആ അജ്ഞാനം അനാദിയായി നിലനിൽക്കുന്നതാണ് അതിന് തുടക്കമില്ല അനാദി ഗാനം പോലെ നിലനിൽക്കുന്നതാണ് അനാദി അജ്ഞാനം കൊണ്ട് ഈ ആത്മാവിൽ സത്യദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൻ കർത്തൃത്വഭോക്തൃത്വഭാവങ്ങളെല്ലാം വന്നു പിന്നെ ചിന്തിക്കുന്നത് ആത്മാവിന് ഇതിൽ ആ മോചനത്തിനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതാണ് വേദം ശ്രുതി എന്ന് പറയുന്നത് ഈ ആത്മാവന ഈ കൊണ്ട് തൻ്റെ തന്നെ അജ്ഞാനം കൊണ്ട് വന്നുചേർന്ന ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഉപായങ്ങളാണ് ഇതെന്തു ഉപായമാണ് അവിടെ നിർദ്ദേശിക്കുന്നത് വേദത്തിൽ കർമ്മങ്ങളും ഉപാസനയും ഞാനും മൂന്ന് വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൽ കർമ്മങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്നത് കർമ്മങ്ങളിൽ കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക മോക്ഷത്തെ ആഗ്രഹിക്കുന്നു അതിനുപേക്ഷിക്കുക നിത്യ നൈമിത്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം പക്ഷെ അതും തന്നെ നിഷ്കാമമായി അനുഷ്ഠിക്കണം അങ്ങനെ നിഷ്കാമമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതോടൊപ്പം ആ വേദത്തെ തന്നെ നിർദ്ദേശിക്കുന്ന ഉപാസനകളുമാകാം ജീവിത ഉപാസനകളും മറ്റും അതൊരുമിച്ച് അനുഷ്ഠിക്കാം വെവ്വേറെ അനുഷ്ഠിക്കുന്നതിനും നല്ലത് ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതാണ് ഒരുമിച്ചനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ഫലങ്ങളുണ്ടാകും പക്ഷേ ആത്യന്തികമായ മോക്ഷം ഇവയെ ഒരുമിച്ചനുഷ്ഠിക്കുന്നൊണ്ടുണ്ടാകുന്നില്ല മറിച്ച് ഇവയെ ഒരുമിച്ചനുഷ്ഠിക്കുന്നതുകൊണ്ട് ക്രമമുക്തിയാണ് ഇവയെ വിവേറെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും സംസാരം തന്നെ വരും ഉപാസനാ കർമ്മങ്ങൾ പ്രത്യേകം പ്രത്യേകം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി വരുന്ന എന്താണ് അതാത് കർമ്മങ്ങളുടെ ഉപാസനകളുടെ ഫലമാണ് ആ ഫലം കർമ്മങ്ങൾ അല്ലെങ്കിൽ ഉപാസനകൾ അനുഷ്ഠിക്കുന്ന അതുകൊണ്ടുണ്ടാകുന്ന പുണ്യത്തിൽ നിന്നുണ്ടാകുന്നു ആ പുണ്യം നശിക്കുമ്പോൾ ആ കർമ്മത്തിന്റെ അല്ലെങ്കിൽ ഉപാസനയുടെ ഫലത്തെ അനുഭവിക്കുന്നതിനു വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും അതാണ് സംസാരം അതുകൊണ്ട് കേവല കർമ്മ ഉപാസന അനുഷ്ഠാനങ്ങളിലൂടെ സംസാരത്തിൽ നിന്നും മോചിക്കാനൊക്കത്തില്ല അങ്ങനെയുള്ള കേവല കർമ്മ ഉപാസനകളുടെ അനുഷ്ഠാനത്തിലൂടെ ആ ജീവൻ ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു കർമ്മ ഉപാസനകളെ നിഷ്കാമമായി ഒരുമിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ ശ്രേഷ്ഠമായ കർമ്മ ഉപാസനകളെ അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അതുകൊണ്ട് ഹിരണ്യഗർഭ ലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു അത് ക്രമമുക്തിക്ക് സഹായിക്കുന്നു അതുകൊണ്ട് അതിന്റെ ഫലത്തെ ഇവിടെ അമൃതം എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദേവത ഉപാസനയും അവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കർമ്മം എന്ന് കൊടുക്കുന്നു കേവലോപാസന കൊണ്ട് പോകാം ആ ബ്രഹ്മഭുവനാന്തോക പുനരാവർത്തിനോർജുന ഗിരി പറയുന്നുണ്ട് ബ്രഹ്മലോകം വരെ പോയി കഴിഞ്ഞാലും തിരിച്ചു വരുവാണ് അപ്പൊ ബ്രഹ്മലോകത്തിൽ തന്നെ പോയാൽ തിരിച്ചു വരുന്ന ഭാഗം കൊണ്ട് കേവലോപാസകന്മാർ ഇനി രണ്ടികർ ഉപാസന ചെയ്തു കഴിഞ്ഞാലും അയാൾ തിരിച്ചു വരാതെ അവിടെ ഇരിക്കാൻ നോക്കത്തില്ല തിരിച്ചു വരേണ്ടി വരും അങ്ങനെ ഫലമാണ് സമുച്ഛയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാതെത്താവും ആ ദേവതാത്മകളിലും തിരിച്ചു വരുന്ന ഭാവങ്ങൾ കൊണ്ട് തിരിച്ചു വരാത്തോണ്ട് ദേവന്മാരെല്ലാം വീണ്ടും പുണ്യം നശിച്ചിട്ട് വീണ്ടും ജനിക്കുന്നതായി പറയുന്നുണ്ട് ദേവന്മാരെ കുറിച്ച് ദേവലോകത്ത് വീട്ടും തിരിച്ചു വരുന്നതായി പറയുന്നുണ്ട് തിരിച്ചു വരുന്നതും തിരിച്ചു വരാത്തോണ്ട് തിരിച്ചു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദേവന്മാര് തന്നെ തിരിച്ചു വരുന്നതായിട്ട് പുരാണങ്ങളിലും മറ്റും പറയുന്നുണ്ടല്ലോ വീണ്ടും ഒന്ന് മനുഷ്യജന്മെടുക്കുന്നതായിട്ടുണ്ട് അപ്പൊ തിരിച്ചു വരുന്നതും തിരിച്ച് അവിടെ പല തലങ്ങളുണ്ട് ഇതെല്ലാം ഈ പുരാണങ്ങളും ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളും പല സന്ദർഭങ്ങളിൽ പറയുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഒന്ന് സമഗ്രമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതിലകത്തിന് പലതരങ്ങളും ഉണ്ട് ബ്രഹ്മലോകമെന്ന് പറയുന്നതിന് ചില ഭാഗങ്ങളിൽ പറയുന്നത് ബ്രഹ്മലോകത്ത് പോയാൽ തിരിച്ചു വരുമു ചില ഭാഗങ്ങളിൽ പറയുന്നു പോയാൽ തിരിച്ചു വരത്തില്ല രണ്ടും പറയുന്നു ബ്രഹ്മണാസ തേസർവി സംപ്രാപ്തി പ്രതിസന്ധി പരശാന്തി കൃതാത്മാനഹ പ്രതിശാന്തി പരം പദം അവിടെ പറയുന്ന എന്താണ് തിരിച്ചു വരില്ല എന്നാണ് ഗീതയില് പറയുന്നുണ്ട് പുനരാവർത്തിനോ അർജുന അതെയോ അർജുന ബ്രഹ്മലോകം വരെ പോയവരുമായാലും തിരിച്ചു വരുള്ളൂ അപ്പൊ അതീ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മലോകത്തിൽ തന്നെ രണ്ടു ദിനങ്ങളുണ്ട് തിരിച്ചു വരുന്നതും തിരിച്ചു വരാത്തതും അപ്പൊ കേവലം ഉപാസനയിലാണെങ്കിൽ തിരിച്ചു ഇവിടെ ഭാഷകാരം പറയുന്നതും അങ്ങനെ തന്നെ ഉപാസന കർമ്മ സമുച്ചയത്തിലൂടെയാണെങ്കിൽ തിരിച്ചു വരുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഒരുമിച്ച് അനുഷ്ഠിക്ക സംസാരഫലം അല്ല ക്രമമായി വരും അതല്ല എന്നുണ്ടെങ്കിൽ സദ്യവും ഒക്കെയാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ അയാൾ ഇതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിന് യോഗ്യനാണെങ്കിൽ സ്വാധീനിച്ച ദൃഷ്ടിയ സമ്പന്നനാണെങ്കിൽ എന്താണ് െല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ ജ്ഞാനം നേടി സർവകർമ്മസന്യാസത്തിലൂടെ അവിടെ സർവകർമ്മസന്യാസമെന്ന് പറയുമ്പോൾ അവിടെ കേവല കർമാനുഷ്ഠാനമില്ല കേവല ഉപാസനയുടെ അനുഷ്ഠാനമില്ല ഉപാസന കർമ്മസമുചിയവുമില്ല അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ സദ്യവും മുക്തിയുള്ളൂ അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി ശരീരം നശിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ സർവകർമ്മ സന്യാസത്തോടു കൂടി ഞാൻ അധിഷ്ഠിക്കും അതിനകത്ത് അധികാരികളായിട്ടുള്ളവർ വളരെ വിരളമാണ് പക്ഷെ അതാണ് മുഖ്യമായിട്ടുള്ള മോക്ഷസാധനം എന്ന് പറയുന്നത് ശങ്കരാചാര്യ പറയുന്നത് എങ്ങനെയുള്ള ജ്ഞാനം സർവകർമ്മ സന്യാസപരമായിട്ടുള്ള ബാക്കിയുള്ളതെല്ലാം ക്രമമുക്തിക്ക് ഉപകരിക്കുന്നു എന്നാണ് അങ്ങനെയുള്ളവരുടെ മുക്തിക്രമത്തെക്കുറിച്ചാണ് ഈ ഉത്തരായണ ദക്ഷിണായന രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആ ഉത്തരായണ മറന്നു ആ മുക്തി ക്രമത്തെക്കുറിച്ചാണ് അങ്ങനെയുള്ളവരാണ് മരിക്കുന്ന സമയത്ത് പ്രാണനെയൊക്കെ സമീപിപ്പിച്ച് ആ പ്രാണൻ മൂർധാവിലൂടെ പ്രാണൻ പോകുന്നതും സമാധിയായി മരിക്കുന്നു എന്നും ഒക്കെ നമ്മൾ സാധാരണ പറയുന്നത് സമാധിയായി മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതായത് ക്രമമുക്തിയാണ് സദ്യമുക്തിയാണ് അവസാന സമയത്ത് ആസനത്തിലൊക്കെ ഇരുന്ന് പ്രാണനെ സമീപിച്ച് ൂടെ പ്രാണനം നിവേശിപ്പിച്ച് മൂർധാവിലൂടെ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു എന്നെല്ലാം നമ്മൾ സാധാരണ കേട്ടു വരുന്നുണ്ട് ഈ പോക്ക് വരവുകളല്ല അവിടെ ഗതാഗതമാണ് പോക്ക് വര തിരിച്ചു വരവില്ല ഗമനമാണ് അങ്ങനെ പോകുന്നത് ഉപാസകനാണ് ജ്ഞാനിയല്ല ജ്ഞാനിയുടെ പ്രാണൻ അവിടെ തന്നെ വിലയിക്കുന്നു എന്നാണ് അത്രയവ ബ്രഹ്മസമത്തെ പറയുന്നുണ്ട് അവന്റെ പ്രാണൻ ഇവിടെ തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു പിന്നീട് പോകുന്നില്ല എന്നാണ് ഒരു പോക്ക് വരവുമ്പോൾ ശരീരനാശം എങ്ങനെയാ എങ്ങനെയും സംഭവിക്കാം എങ്ങനെ സംഭവിച്ചാലും എന്താണ് രജത്വേഷ പ്രാണാൻ ഭ്രാന്തിന്റെ സംശയം ആ ശരീരനാശം എങ്ങനെയാണ് സംഭവിച്ചാലും അയാൾക്ക് സംസാരമില്ല ഭ്രാന്തിയില്ല എന്നാണ് അതുകൊണ്ട് ഇവിടെ ഈ എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് ഈ പുനിഷത്തിൽ ചർച്ച ചെയ്തിരിച്ചിരിക്കുന്നത് കേവലം ജ്ഞാനം അദ്വൈതമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ജ്ഞാനം മോക്ഷം ബ്രഹ്മസത്യം ജഗന്മീഥ്യ ഇതിനകത്തെല്ലാം തീർന്നു നിന്നാണ് പക്ഷെ ഇതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്ന വിഷയങ്ങൾ വളരെ വളരെയാണ് ഓരോ ജീവന്റെയും പക്വതയും അവസ്ഥ വരുന്ന ധാരാളം വിഷയങ്ങൾ ഇതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്തിരിക്കുകയാണ് അടുത്ത് ഇവിടെ വരുന്ന ചോദ്യം ചരമവൃത്തി ബ്രഹ്മാകാര വൃത്തിയെ കുറിച്ചൊന്നും വിശദീകരിക്കുക ബ്രഹ്മാകാര വൃത്തിയെ കുറിച്ച് പറയുന്നത് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ഈ ചെയ്യുന്ന ഒരാളിന് എങ്ങനെയാണോ ദേഹം ഞാൻ ദേഹമാണ് എന്നും മറ്റുമുള്ള ബുദ്ധിമുണ്ടാകുന്നത് അതുപോലെ അഹം ബ്രഹ്മാസ്മി എന്നുള്ളൊരു അറിവ് ബുദ്ധി ഉണ്ടാവുന്നു ഒരു ജ്ഞാനം ഉണ്ടാവും അഹം ബ്രഹ്മാസം ഈ ജ്ഞാനത്തിന് പറയുന്ന പേരാണ് ചരമവൃത്തി അല്ലെങ്കിൽ ബ്രഹ്മാകാര വൃത്തി അഖണ്ഡാകാര വൃത്തി എന്നെല്ലാം പറയുന്നു അത് ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള ജ്ഞാനമാണ് എന്നുള്ള ബോധമാണ് ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഇതുവരെ താൻ പലതുവേണം ധരിച്ചിരുന്നു അതിന് കാരണം അജ്ഞാനം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു നശിപ്പിച്ചുകൊണ്ട് അത് ഇല്ലാതാവുന്നു ആ വൃത്തി അജ്ഞാനനാശത്തോടു കൂടി അയാൾ മുക്തനായിത്തീരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അതങ്ങനെ നിധ്യാസനത്തിലൂടെ അങ്ങനെ ഈ ബ്രഹ്മാകാര വൃത്തിയെക്കുറിച്ച് പറയുന്നതും വേദാന്തത്തിൽ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള പ്രക്രിയകൾ എന്താ രീതികളുണ്ട് അതിൽ ഒരു രീതിയിലാണ് ഇതിനെ പറയുന്നത് ഇതിന് വൃത്തി പ്രക്രിയ എന്ന് പറയും അങ്ങനെ ബ്രഹ്മകാരവൃത്തി ഉണ്ടാകുന്നു എന്ന് പറയും ആ ബ്രഹ്മകാരവൃത്തി സമാധി ഉണ്ടാവും എന്നാണ് വേദാന്തത്തിന്റെ ഒരു രീതിയാണ് ഒരു ചിന്താ രീതിയാണ് സുഷുതിയിൽ ഈ വൃത്തി നിലനിൽക്കുമോ അങ്ങനെ ബ്രഹ്മകാരവൃത്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സുഷുദ്ധി ഇല്ല സ്വപ്നമില്ല അതുകൊണ്ട് പിന്നെ സുഷുപ്തിയിൽ നിൽക്കുമോ സുഷുപ്തി ജാഗ്രത സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് ഈ അജ്ഞാനാവസ്ഥയിലാണുള്ളത് അജ്ഞാനാവസ്ഥയിലാണ് ഈ മൂന്ന് അവസ്ഥകളുള്ളത് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ആ വൃത്തി കൊണ്ട് അജ്ഞാനം നെച്ച് കഴിഞ്ഞു പിന്നെ അജ്ഞാനകാര്യമായിരിക്കുന്ന ജാഗ്രത സ്വപ്നവും സുഷുക്തിയൊന്നും അവിടെയില്ല അതുകൊണ്ട് സുഷുതി അല്ലെങ്കിൽ ഇവിടുത്തെ നിൽക്കുമോ എന്ന് സംശയിക്കേണ്ട അങ്ങനെ ഒരു നിലനിൽക്കുന്ന പ്രസക്തി അവിടെ വരുന്നില്ല എന്നർത്ഥം നമ്മൾ ഇന്ന് കാണുന്ന അജ്ഞനായിരിക്കുന്ന ഒരു ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വകാര്യങ്ങളും അജ്ഞാനകാര്യമാണ് ജാഗ്രത സ്വപ്ന സുഷുത്തി സർവീ സർവ്വകാര്യങ്ങളും അസ്തമിക്കുന്നതാണ് അജ്ഞാനനാശത്തോടു കൂടി അതാണ് ഞാനാവസ്ഥ അപ്പം പിന്നെ ഇതിനെ അതിനെ കൂടെ താരമ്യപ്പെടുത്തി ഒന്നും ചിന്തിക്കരുത് എന്നാണ് ഇതിനെ അതിനെ കൂടെ താരമ്യപ്പെടുത്തി ചിന്തിക്കരുത് എങ്ങനെയാണോ ഉറങ്ങിക്കിടക്കുന്നവന് ഉണർവിനെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തത് ഉറങ്ങിക്കിടക്കുന്നതിന് ഉണർവിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഏകദേശം അതുപോലെ തന്നെയാണ് ആ ജ്ഞാനാവസ്ഥയെക്കുറിച്ച് അജ്ഞാനി സങ്കല്പിക്കുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ് ജ്ഞാനാവസ്ഥ എന്ന് പറയുന്നത് ഉണർവ് അപ്പോൾ അല്ലാത്ത അന്തരമുണ്ട് അതുകൊണ്ട് സുഷുതിയിൽ ജ്ഞാനം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ജ്ഞാനത്തിൽ സുഷുപ്തി ഇല്ല എന്നുള്ളതാണ് അതിന്റെ സമാധാനം വിദേഹമുക്തി മുക്തന്മാർക്കും ഈ പെടുത്തി കൊണ്ടുപോകും അപ്പോൾ ആരാണ് വിദേഹമുക്തൻ എന്നുള്ളത് എന്തൊക്കെയാണ് അപ്പോൾ വിദേഹമുക്തൻ എന്നതിനെ പറയുന്നു അപ്പൊ വിദേഹമുക്തനെന്ന് പറയുന്നതിനും ജീവൻ മുക്തി വിഭയം പോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളും പല അതൊക്കെ പലതരത്തിൽ ഒരു സാങ്കേതിക സജ്ഞയാണ് പലതരത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിശദീകരണങ്ങളിലേക്ക് കടക്കാതെ നമ്മളിപ്പോൾ വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരാൾ ജ്ഞാനം നേടി അയാൾ മുക്കനാണ് അയാൾക്ക് ശരീരബന്ധമില്ല ശരീരത്തിൽ അഹംബോധമില്ല അതുകൊണ്ട് അയാൾ വിതേ മുക്കൻ എന്ന് പറയാം ജ്ഞാനിയായി കഴിഞ്ഞു അപ്പോ പിന്നെ അയാൾ പ്രത്യേകിച്ചത് ശരീര ബന്ധമില്ല അജ്ഞാനവും നശിച്ചു കഴിഞ്ഞു അപ്പൊ അജ്ഞാനത്തിന്റെ കാര്യമാണെന്തോന്ന് വൃത്തി പറഞ്ഞല്ലോ അജ്ഞാനിയായിരിക്കുന്നവന് ഉണ്ടാകുന്ന ഒന്നാണ് ഈ സഷക്തുകാരണമായതും എന്താണ് ആ അജ്ഞാനം തന്നെ കാരണം വൃത്തി എന്ന് പറയുമ്പോൾ അത് അന്ധകരണത്തിന്റെ പരിണാമമാണ് അന്ധകരണത്തിന്റെ പരിണാമമായിരിക്കുന്ന ആ വൃത്തിയും ഇതിന് സർവ്വകാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാനകാര്യമായ സർവ്വം നശിച്ച വൃത്തിയും പോയി അപ്പോൾ പ്രാപഞ്ചികമായ യാതൊന്നും മുക്തന്നില്ല അപ്പോൾ അവിടെ വൃത്തിയും ഇല്ല ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഇതും ഭാനമാണ് അഹംബ്രഹ്മ എന്നുള്ള വൃത്തിയും ഭാനമാണ് അജ്ഞാനം നശിച്ചുകഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം നശിക്കുന്നു അപ്പൊ അജ്ഞാനാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് അയാൾ സമ്പാദിച്ചതെല്ലാം നശിക്കുന്നു അപ്പം പിന്നെ അവിടെ രണ്ടാമതൊന്നില്ല എന്നർത്ഥം കാരണം ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞാൻ അജ്ഞാനിയായിരുന്നു ഞാനിയായിരുന്നല്ല ഇത് കാലത്തിലും താൻ തനിക്ക് ബന്ധമോഷങ്ങളില്ല എന്നാണ് അപ്പൊ പിന്നെ ഞാനിക്കൊരു വൃത്തിയുടെ അതിന് കൂടെ സ്വീകരിക്കേണ്ട കാര്യം വരുന്നില്ല മൂന്നു കാലത്തിലും എനിക്ക് ബന്ധമോ മോഷമോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ആ ഭാവത്തെ നമുക്ക് വിശദീകരിക്കാം ഞാനീ അങ്ങനെ വിശദീകരിച്ച് പറയത്തില്ല നമുക്ക് ആ ഭാവത്തെ വിശദീകരിക്കാം അങ്ങനെയൊരു ഞാൻ ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ അങ്ങനെ ഇരിക്കും എന്താണ് മൂന്നു കാലത്തിലും ബന്ധമോക്ഷേത ഒന്നും ഇല്ലാത്ത ആത്മാവല്ലാതെ മറ്റൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവിടെ വൃത്തി എങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് മുക്തിയിൽ വൃത്തിയൊന്നും ഇല്ല എന്നാണ് ജീവന്മാർക്ക് സുഷുദ്ധിയിലും അഹംസ്ഫരണം ഉണ്ടോ എന്നാണ് ഗാഠനിദ്രയിൽ പൂർണമായ സുഷുതിയിൽ അഹംസ്ഫരണം ഇല്ല എന്നത് സുഷുതിക്കും പല പല പിന്നെ അവസ്ഥകൾ പറയുന്നുണ്ട് സുഷുതി തന്നെ അങ്ങനെ സുഷുതിയുടെ ഏതെങ്കിലും മതഭേദങ്ങളിൽ സ്ഫുരണം പക്ഷേ ഗാഠ സുഷുതിയിൽ സ്ഫരണമില്ല സ്ഫരണം ഉണ്ടായി കഴിഞ്ഞാൽ സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ ജാഗ്രത്തിലേക്കോ പോകും എന്നാണ് എന്നാൽ സുഷൃത്തിയിൽ അഹംസ്ഫുരണമുണ്ട് എന്നും പറയുന്ന ശാസ്ത്രങ്ങളുണ്ട് അത് സുഷൃതിയുടെ അവസ്ഥാന്തരങ്ങളാണ് ഗാഢ സുഷുതിയിൽ സ്ഫുരണം ഇല്ല എന്നാണ് സുഷൃത്തിയിൽ സൂക്ഷ്മമായ സ്ഫുരണം ഉണ്ടെന്നും പറയുന്ന ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ അതല്ല പറയുകയാണെങ്കിൽ സുഷൃത്തിയിൽ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഗാഠ സുഷുതിയിൽ സ്ഫുരണമില്ല നമ്മുടെ ഈശാവാസ പുരുഷത്തിന്റെ ചർച്ചയുടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഠോപുൻഷത്താണ് നമുക്ക് വാസ്തവം